struck prakashana janya arupavat veekshana kshamam roopik grahendriyatvena yad evaspasare paksham takshu aloga ajanya roopi dravya sakshatkarajanakam janakatum sadyam roopi dravya graha vendriyatvo hedu togendriyavadasta ഴിഞ്ഞ ദിവസം പറഞ്ഞു ഇവിടെ പറയുന്നു രൂപരഹിതേന്ദ്രിയാധി എന്ന് പറയുന്നു ഇത് കഴിഞ്ഞ ദിവസം പറഞ്ഞാണ് ഉപാധി എന്ന് പറയുമ്പോൾ സാധ്യവ്യാപകത്വവും സാധന വ്യാപകത്വമാണ് സാധ്യമായി ആലോക അജന്യ രൂപിദ്രവ്യ സാക്ഷാത്കാര ജനകത്വം ആലോകത്തിന്റെ സഹായം കൂടാതെയുള്ള സാക്ഷാത്കാരം എന്തിന്റെ രൂപിദ്രവ്യത്തിൽ അതിന്റെ ജനകത്വം എന്ന് പറയുന്നത് പ്രത്യേകത എന്താണ് വെളിച്ചം കൂടാതെ തന്നെ ൂപമുള്ള ദ്രവ്യത്തിന്റെ പ്രത്യക്ഷമുണ്ടാക്കുന്നു അപ്പോൾ അവിടെ രൂപരഹിത ഇന്ദ്രിയുടെയുണ്ട് എത്രയെത്ര ആലോക അജന്യ രൂപദ്രവ്യ സാക്ഷാത്കാര ജനകത്വം തുക ഇന്ദ്രിയത്തിനങ്ങനെ ഒരു കഴിവുണ്ട് അവിടെ രൂപരഹിത ഇന്ദ്രിയത്വമുണ്ട് അതാണ് സാധ്യവ്യാപകത്വം പിന്നെ ഏതുകൊണ്ടാണ് രൂപിദ്രവ്യ ഗ്രാഹകേന്ദ്രിയത്വം രൂപദ്രവ്യത്തെ ഗ്രഹിക്കുന്ന ഇന്ദ്രിയം രൂപദ്രവ്യത്തെ ഗ്രഹിക്കുന്ന ഇന്ദ്രിയങ്ങളേതൊക്കെയാണ് ചക്ഷിതേന്ദ്രിയാണോ ആണോ അത് തൊട്ടറിയണമെന്നേ ഉള്ളൂ അറിയുന്ന ദ്രവ്യം രൂപിയാണ് രൂപിയെന്ന് വെച്ചാൽ രൂപമുള്ളൂ അപ്പൊ രൂപി ദ്രവ്യ ഗ്രാഹേന്ദ്രിയത്വ അതിനുമുണ്ട് അപ്പോ എത്ര എത്ര രൂപദ്രവ്യ ഗ്രാകേന്ദ്രിയത്വം അത്ര അത്ര രൂപരഹിതേന്ദ്രിയത്വം പറയാൻ പറ്റില്ല എന്തുകൊണ്ട് ആ രൂപരഹിതേന്ദ്രിയത്വം ഇവിടെ ഹേതു എന്താണ് രൂപിദ്രവ്യഗ്രഹ ഇന്ദ്രിയത്വം അത് രണ്ടെണ്ണമാണ് ചക്ഷേന്ദ്രിയവും ഇന്ദ്രിയും അവിടെയൊക്കെ എന്താണ് രൂപരഹിത ഇന്ദ്രിയത്വം എന്ന് പറയാൻ പറ്റില്ല കാരണം അവിടെ രൂപവത്ത് ഇന്ദ്രിയുണ്ട് ചക്ഷു അപ്പൊ ഇങ്ങനെയാണ് വ്യാപ്തി പറയേണ്ടത് അങ്ങനെ എത്രയെത്ര ്രവ്യ ഗ്രാഹകന്ദ്രിയത്വം തത്ര രൂപരഹിതേന്ദ്രിയും അത് പറയാൻ പറ്റില്ല അവിടെ ചക്ഷേന്ദ്രിയൂപരഹിതേന്ദ്രിയവ സാധ്യവ്യാപകത് കൊണ്ട് സാധനവ്യാപകത്വം കൊണ്ട് ഉപാധി ഉണ്ട് എന്നാ പറയുന്നത് എന്ന് പറയുമ്പോൾ സിദ്ധാന്തി പറയാണ് ശരിയല്ല ഒരു ഉപാധി പറയാണെന്ന് വെച്ചാൽ സദ്യത്തിന്റെ വ്യാപകവും സാന്തനത്തിന്റെ വ്യാപകം എന്താണ് സദ്യത്തിന്റെ വ്യാപകം എന്ന് പറയാണെങ്കിൽ വ്യാപകത്തിന്റെ വ്യാപകം വ്യാപകമെന്ന് ഏതിനാണോ കൽപ്പിക്കുന്ന അതിന്റെ വ്യാപകവും വ്യാപ്യമെന്ന് ഏതിനോ കൽപ്പിക്കുന്ന അതിന്റെ വ്യാപകമാകാനും പാടില്ല അത് വ്യാപകത്വം വരാൻ പാടില്ല ഇതാണ് ഉപാധി അങ്ങനെ പറയുമ്പോ ധൂമവാൻ മന്യേഹേ ഒരു ഹനുമാനമാണ് ഹനുമാനത്തിൽ ആദ്യ സമീപമാണ് ഉപാധി അപ്പൊ സാധ്യവ്യാപകത്വം പറഞ്ഞു എത്ര എത്ര ധൂമഹ അത്രയത്ര ആദ്യ ഇത്രയും പറഞ്ഞുകൊണ്ട് മാത്രം സാധ്യവ്യാപകത്വം വരില്ല ഇത് അന്യവ്യാപ്തിയാണ് വ്യാപകത്വം വരണമെങ്കിൽ എന്ത് വേണം അന്യവ്യാപ്തിയും വേണം വ്യതിരേക വ്യാപ്തിയും വേണം അപ്പോ അവിടെ സാധ്യവ്യാപകത്വം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും എത്ര എത്ര ധൂമഹ തദ്ധ സംയോഗ എത്ര എത്ര ആദ്യ സംയോഗ അഭാവ ഇങ്ങനെ പറഞ്ഞാല് വ്യാപ്തി ഉറപ്പിക്കാൻ പറ്റും എന്നാലും സാധ്യവ്യാപകത്വം വരും അങ്ങനെയാണെങ്കിൽ ഇവിടെയും എന്തു പറയണം രൂപരീത ഇന്ദ്രിയത്വം എന്ന് പറയുന്ന ഉപാധി പറഞ്ഞെടുത്ത് ആദ്യ സാധ്യവ്യാപകത്വം പറയണം എങ്ങനെ എത്ര എത്ര സാധ്യവ്യാപകത്വം എങ്ങനെ പറയും എത്ര ആലോക അജന്യ ആ എത്ര ആലോക അജന്യൂപിദ്രവ്യ സാക്ഷാത്കാര ജനകത്വം തത്ര തൂപരഹിത ഇന്ദ്രിയത്വം ആലോ ഇനി വിതിരേയവ്യാപ്തി പറയുമ്പോ എന്ത് പറയണം അവിടെ വ്യാപകത്തിന്റെ അഭാവത്തെടുത്ത് ആദ്യം പറയണം പിന്നെ വ്യാപ്യത്തിന്റെ അഭാവത്തെ പറയുന്നു അങ്ങനെ പറയുമ്പോ എന്ത് സംഭവിക്കുന്നു പറഞ്ഞാൽ ബെതിരേ വ്യാപ്തിയില് വ്യാപകത്തിന്റെ അഭാവം വ്യാപ്യമാകും വ്യാപ്യത്തിന്റെ അഭാവം വ്യാപകമാകും അന്യേ സാധനം വ്യാപ്യം സാധ്യം വ്യാപകം ഇഷ്ട എന്ന് പറഞ്ഞ നിയമം നേരെ തിരിഞ്ഞു പറഞ്ഞു അന്യവ്യാപ്തിയിൽ എത്രയെത്ര ധൂമ അത്ര അർജ്ജുനസമയെന്ന് പറയുമ്പം ധൂമം വ്യാപ്യവും അർജ്ജുന സമയവും വ്യാപകമാണ് ബെദരേ വ്യാപ്തി പറയുമ്പോൾ എത്രയെത്ര അർജ്ജുന സംയോ അഭാവ അത്രയത്ര ധൂമാവാന്ന് പറയുമ്പം ധൂമാഭാവം വ്യാപ്യമാവും അതുപോലെ ഇവിടെ ബെതിരേ വ്യാപ്തി പറയുമ്പം വ്യാപകത്തിന്റെ അഭാവത്തെ ആദ്യം പറയുന്നു അവിടെ എങ്ങനെ പറയുന്നു യത് രൂപം യത് രൂപവത് ഇന്ദ്രിയം കാരണം ഉപാധി പറഞ്ഞപ്പോ സാധ്യവ്യാപകമാണ് ഉപാധി അപ്പോൾ ഉപാധി അഭാവം പറയുമ്പം രൂപരഹിത ഇന്ദ്രിയത്വം എന്ന് പറഞ്ഞെന്തായി രൂപോതിന്ദ്രിയമായിധിയുടെ അഭാവം അത് വ്യാപ്യമാണെന്നൂടെ ശ്രദ്ധിക്കുന്നു ഇനി എന്തായി അന്യവ്യാപ്തിയിലെ വ്യാപ്യം അതിന്റെ അഭാവത്തെ പറയും ബദിരേ വ്യാപ്തി അന്യവ്യാപ്തിയില് ഏതാണോ വ്യാപ്യമായിരുന്നത് അതിന്റെ അഭാവം ബദിരേ വ്യാപ്തി പ്രേമ്യം വ്യാപകമാകും അപ്പൊ അതികൂടെ എങ്ങനെ പറഞ്ഞിരിക്കുന്നു ആലോക അജന്യ രൂപി സാക്ഷാത്കാര ജനകം നരത്തെ പറഞ്ഞതിന്റെ അഭാവം എന്ന് പറഞ്ഞാൽ ജന്യരൂപി സാക്ഷാത്കാര ജനകത്വഭാവം ഇതാണ് വെതിരെ വ്യാപ്തി അപ്പൊ ഈ വ്യാപ്തി നിശ്ചയിക്കാൻ ഒരു സ്ഥലത്ത് കണ്ടുപിടിക്കണം ആദ്യം എന്താണോ രൂപവതേന്ദ്രിയം രൂപേന്ദ്രിയത്രണ്ട് രൂപവതേന്ദ്രിയോ ബാക്കി അവിടെ പോയി ഒരുബോധേന്ദ്രിയത്രയുണ്ട് പാർത്ഥിവ്രിയത്തിലൊരു രൂപമുണ്ട് ആപ്പിന്ദ്രിയത്തിലൊരു രൂപമുണ്ട് തയ്യൂസ് ഇന്ദ്രിയത്തിലെ രൂപമുണ്ട് മൂന്നെണ്ണം ഉണ്ട് രൂപമുള്ള ഇന്ദ്രിയ ഇവിടെ പറയുന്ന വ്യതിരേകാപ്തിയില് വ്യാപ്യം അതിന് ഈ മൂന്നെണ്ണമുള്ള അതിലൂടെ ഇപ്പോൾ ഉദാഹരണമായിട്ട് എടുത്ത് എന്താണ് ഘാണവത് ശരിയായിട്ടോ എന്തുകൊണ്ട് ഘ്രാണത്തെടുത്തു നോക്കു നോക്കാം ഘ്രാണമെന്ന് പറയുന്നത് എന്താണ് രൂപവതിയ ആണ് നല്ല വ്യതിരേ വ്യാപ്യം വ്യതിരേക വ്യാപ്തിയിലെ വ്യാപ്യം എന്താണ് ഇന്ദ്രിയം നേരത്തെ പറഞ്ഞതിൻ്റെ ഭാവം ഘ്രാണമാണ് ഇനി വ്യതിരേക വ്യാപ്തിയിലെ വ്യാപകം നോക്കുക എന്താണ് പറഞ്ഞത് ആലോക അജന്യരൂപി സാക്ഷാത്കാര ജനകത്വഭാവം ഒത്തുപോയി ഘ്രാണം ഘ്രാണേന്ദ്രിയത്തിന് ആലോകത്തിന്റെ സഹായം കൂടാതെ ഒരു രൂപമുള്ള ദ്രവ്യത്തിന്റെ പ്രത്യക്ഷ സാധ്യമല്ല ആണോ ഘ്രാണീന്ദ്രിയത്തിനൊരിക്കലും കാരണം ഘാണേന്ദ്രിയ ഗുണത്തെ ഗ്രഹിക്കാൻ പറ്റും ദ്രവ്യത്തെ ഗ്രഹിക്കാൻ പറ്റില്ല രസനേന്ദ്രിയത്തിനും അതേ പറ്റത്തുള്ളു അപ്പോൾ പിന്നെ ചക്ഷിനേന്ദ്രിയത്തിന് മാത്രമാണെന്താ പറയുന്നത് രണ്ടിനേ ഗ്രഹിക്കാൻ പറ്റും ഗുണത്തെയും ദ്രവ്യത്തെയും അപ്പം പിന്നെ വരുന്ന രണ്ട് ഇന്ദ്രിയങ്ങളാണ് അപ്പോൾ അതിന് ആലോക അജന്യ രൂപി സാക്ഷാത്കാര ജനകത്വഭാവം ആലോകത്തിന്റെ സഹായത്തോ കൂടാതെ രൂപദ്രവ്യത്തിന്റെ സാക്ഷാത്കാരം പറ്റത്തില്ല എന്ന് പറയുമ്പം അവിടെ ഏതൊക്കെയുണ്ട് ഘ്രാണീന്ദ്രിയുണ്ട് ദൃശനീന്ദ്രിയുണ്ട് അങ്ങനല്ലോ അപ്പോ ഇവിടെ എന്തു രണ്ട് രൂപതേന്ദ്രിയാണ് ഘ്രാണത്ത് ഉദാഹരണമായിട്ടെടുത്തു അപ്പോ വ്യതിരേക വ്യാപ്തി പറഞ്ഞപ്പം ദൃഷ്ടാന്തമായി ഘ്രാണേന്ദ്രിയ ക്രാണീന്ദ്രിയത്തിനും വെളിച്ചത്തിന്റെ സഹായം കൂടാതെ ഒരു ദ്രവ്യത്തെ പ്രത്യക്ഷമാക്കാനുള്ള കഴിവ് ഇല്ല അപ്പോ അവിടെ ബഹതിരേ വ്യാപ്തിയും എത്രയെത്ര രൂപത്വം തത്തതത്ര ആലോക അജന്യൂപി സാക്ഷാത്കാര ജനകത്വഭാവം ബഹിതിരേ വ്യാപ്തി പറഞ്ഞു അപ്പൊ അന്യവ്യാപ്തി നേരത്തെ പറഞ്ഞു ഓക്കെ ഇപ്പം ബെതിരായ വ്യാപ്തി പറഞ്ഞു ബെതിരായ വ്യാപ്തി ശരിയാകണമെന്നുണ്ടെങ്കിൽ ഏത് വ്യാപ്തിയായാലും അന്യവ്യാപ്തിയായാലും ശരി ബെദ്തിയാണെങ്കിലും വ്യാപ്തി ശരിയാവണമെങ്കിൽ അത് ഉപാധി വരാൻ പാടില്ല വ്യാപ്തി ശരിയാവണമെങ്കിൽ ഉപാധി വരാൻ പാടില്ല ഈ ബദിരായ വ്യാപ്തിയിലൊരു ഉപാധി വന്നു കഴിഞ്ഞാൽ വ്യാപ്തിയില്ല ബദിരേ വ്യാപ്തി ഇല്ല എന്ന് പറഞ്ഞാൽ സാധ്യവ്യാപകത്വം ഇല്ല എന്ന് വെച്ചാൽ നേരത്തെ രൂപ ഇന്ദ്രിയത്വ ഉപാധി വരത്തില്ല ആദ്യം സിദ്ധാന്തി ഒരു അനുമാനം പറഞ്ഞു പൂർവപക്ഷി ഒരു ഉപാധി പറഞ്ഞു അവൻ പറഞ്ഞു ഉപാധിയിൽ സാധ്യവ്യാപകത്വം തെളിയിക്കണം സാധ്യവ്യാപകത്വം തെളിയിക്കണമെങ്കിൽ എന്താണ് അന്യവ്യാപ്തിയും വിതിരേ വ്യാപ്തിയും വേണം അന്യവ്യാപ്തി പൂർവപക്ഷി പറഞ്ഞു ഓക്കെ ബെദിരവ്യാപ്തി പറയുമ്പോൾ അതിലുപാധി പറഞ്ഞു അപ്പൊ സാധ്യവോഹത്വം തെളിഞ്ഞോ അപ്പോ നിങ്ങള് പറഞ്ഞു ഉപാധി ശരിയല്ല അപ്പൊ ബഹിരേ വ്യാപ്തിയില് ഉപാധി വച്ചിട്ട് ബിതിരയവ്യാപ്തി ശരിയല്ലെന്നാണ് ഇവിടെ പറയുന്നത് ബഹിരേ വ്യാപ്തിയാണ് ഈ പറഞ്ഞത് എന്താണ് എത്ര എത്ര അരൂപക ഇന്ദ്രിയത്വം തത്രയത്ര ആലോക അജന്യ രൂപീ സാക്ഷാത്കാര ജനകത്വ അഭാവം ഇതിനെന്താ ഉപാധി പറഞ്ഞത് എന്താണ് രൂബോധ അഗ്രാഹകത്വം ഉപാധി എന്താണ് രൂപോധഗ്രാഹകത്വം ഇരുബോധഗ്രാഹത്വം എന്ന് പറയുന്നു ഇന്ദ്രിയത്തെ വിശേഷിപ്പിക്കുകയാണ് ഇനിയും ബദരേ വ്യാപ്തിയിൽ ഉപാധി വരുമെന്ന് നോക്കുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു എന്താണ് സാധ്യവ്യാപകത്വ സതി സാധനവ്യാപകത്വം എന്ന് പറഞ്ഞാന്റെ അർത്ഥം വ്യാപക വ്യാപകത്വ സതി വ്യാപ്യ വ്യാപകത്വം എന്നാണ് മനസ്സിലായോ സദ്യവ്യാപകത്വ സതി സാധന അപകത്വം എന്ന് പറഞ്ഞ അർത്ഥം വ്യാപകം വ്യാപകത്വ സതി വ്യാപ്യ അപകടം കഴിഞ്ഞാൽ എത്രയെത്ര ധൂമഹ അതിനുസമയ വ്യാപക വ്യാപകത്വം മറിച്ച് എത്ര എത്ര വന്യഹി അത്ര പറയാൻ പറ്റില്ല വ്യാപ്തി അ വ്യാപകത്വം വരും അപ്പോ ഇവിടെ ബഹതിരേ വ്യാപ്തിയിലാണ് ഉപാധി ബഹിരേ വ്യാപ്തി ഉപാധി പറയുമ്പം ആദ്യം ഇവിടെ വ്യാപക ഏതൊന്നു നോക്കണം ഏതാണ് വ്യാപകം എന്നുവച്ച സാധനാഭാവം അന്വ്യാപ്തിയിൽ എന്താണോ വ്യാപ്യമായിരുന്നത് അതിന്റെ അഭാവമാണ് ബഹതിരവ്യാപ്തിയിൽ വ്യാപകം മനസ്സിലായോ അന്യവ്യാപ്തിയിൽ എന്താണോ വ്യാപ്യമായിരുന്നത് അതിന്റെ അഭാവമായിരിക്കും ബഹിരാ വ്യാപ്തിയിൽ വ്യാപകം ഉപാധി അതിന്റെ വ്യാപകമാണോന്ന് നോക്കണം മനസിലായോ ഏ അന്യവ്യാപ്തിയിൽ യാതാണോ വ്യാപ്യമായിരുന്നത് അന്യവ്യാപ്തിയിൽ ഏതായിരുന്നു വ്യാപ്യം സാധ്യമായിരുന്നു സാധ്യം അലോക അജന്യ ജനകത്വം അതാണ് അന്യവ്യാപ്തിയില് വ്യാപ്യമായിരുന്നു വേദന വ്യാപ്തിയില് അതിന്റെ അഭാവം ആകുന്നത് വ്യാപകം അപ്പൊ ഇവിടുത്തെ വ്യാപകം ഏതായി വേദന വ്യാപ്തിയില് അഭാവം നോക്കുക എത്രയെത്ര ആലോക അജന്യ രൂപി സാക്ഷാത്കാര ജനകത്വഭാവം ഘ്രാണം എടുക്കുക അല്ലേ ആണല്ലോ അതിൽ വ്യാപകത്വം ഉണ്ടോ എന്ന് നോക്കുക അല്ലേ വ്യാപക വ്യാപകത്വമല്ലേ വരേണ്ടത് ഇപ്പോ ഇവിടെ പറഞ്ഞ തദാലോക അജന്യരൂപി സാക്ഷാത്കാര ജനകത്വഭാവം അതാണ് വ്യാപകം അതിന്റെ വ്യാപകത്വം ൂപവത് അഗ്രാഹകത്വം എന്നാണ് കൊണ്ടുവന്ന് നോക്കുക അത്ര രൂപവത് അഗ്രാഹകത്വം ഘാണത്തെ തന്നെ എടുക്കുക ഘ്രാണേന്ദ്രിയെടുക്കുക അത് ആലോക അജന്യ രൂപിദ്ര രൂപി സാക്ഷാത്കാര ജനകത്വം ഇല്ല അവിടെ അത് ഘ്രാണ ഇന്ദ്രിയം എന്ന് പറയുന്നത് രൂപവത് അഗ്രാഹകമാണോന്തോ ഉപാധി വന്നോ ഉപാധി വരണമെങ്കിൽ എന്ത് വേണം സാധ്യവ്യാപകത്വം വരണം അവിടെ ഇപ്പൊ വ്യാപകത്വം വന്നു വന്നോ അപ്പോ ഇനി സാധനം വ്യാപകത്വം നോക്കുക സാധനം എന്താണ് രൂപവത് ഇന്ദ്രിയത്വം ിയത്വം ആണല്ലോ സാധനം ബദിരേ വ്യാപ്തിയിലെ വ്യാപ്യം എത്രയെത്ര രൂപവത് ഇന്ദ്രിയത്വം തത്ര രൂപവത് അഗ്രാഹകത്വം പറയാൻ പറ്റുമോ എത്രയെത്ര രൂപത് ഇന്ദ്രിയത്വം തത്രയത്ര രൂപവത് അഗ്രാഹകത്വം പറയാൻ പറ്റുമോ പറ്റില്ല അപ്പോ എന്ത് ചെയ്തു എത്ര രൂപവത് ഇന്ദ്രിയത്വം ചക്ഷേന്ദ്രിയം തത്രതത്ര രൂപവത് അഗ്രാഹത്വം പറയാൻ പറ്റില്ല എന്തുകൊണ്ട് അത് രൂപവത്ഗ്രാഹകമാണ് എന്ത് ചെയ്തു സാധ്യ വ്യാപകത്വ സ്ഥിതി സാധനവ്യാപകത്വം വന്നു അപ്പോൾ രൂപവത് അഗ്രാഹകത്വ ഉപാധി വന്നു വിദിരവ്യാപ്തിയിൽ ഉപാധി വന്നു വിദിരവ്യാപ്തിയിൽ ഉപാധി വന്നുകഴിഞ്ഞപ്പോൾ സിദ്ധാന്തിയുടെ അനുമാനത്തിൽ രൂപരഹിത ഇന്ദ്രിയത്വം എന്നു പറയുന്ന ഉപാധി പിടിക്കുന്നില്ല കുറച്ചെന്തെങ്കിലും മനസ്സിലായോ മനസ്സിലായോ അല്ല ഈ പറഞ്ഞത് കുറച്ച് മനസ്സിലായോ മനസ്സിലാക്കി കളയാതിരിക്കുക ആദ്യം അത് കയ്യിൽ നിന്ന് പോകരുത് കാരണം കൂടുതൽ ചിന്തിക്കാൻ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഉള്ളതോടൊപ്പം പഠിച്ചതും പോവും പിടിച്ചതും പോവും മനസ്സിലായോ എന്ന് വെച്ചാൽ അതിൻ്റെ വഴിക്ക് മനസ്സിലാക്കുക ആ മനസ്സിലാക്കിയത് ഉറച്ചതിന് ശേഷം പിന്നെ കൂടുതൽ ചിന്തിക്കാൻ പാടണം ഈ മനസ്സിലാക്കിയത് ഉറയ്ക്കുന്നു അങ്ങോട്ടും കൊണ്ട് ചിന്തിക്കാൻ പോയി കഴിഞ്ഞാൽ മനസ്സിലായതും മനസ്സിലായും മനസ്സിലായോ പറയുമ്പോൾ മനസ്സിലായെങ്കിൽ സംഗതി ഏകദേശം പിടികിട്ടി ആ കളയാൻ വേണ്ടിയിട്ട് പിന്നെ ചിന്തിക്കരുത് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണം എന്താണ് ഉപാധി എന്ന് പറയുന്നത് സാധ്യവ്യാപകത്വം സാധനവ്യാപകത്വം വരുന്നതിനാണ് ഉപാധിയാവുന്നത് ഇവിടുത്തെ സിദ്ധാന്തിയുടെ അനുമാനത്തിൽ പൂർവക്ഷടുത്ത് രൂപരേത ഇന്ദ്രിയത്വം നമ്മൾ ആദ്യം തന്നെ പരിശോധിച്ചു കുഴപ്പമൊന്നുമില്ല സാധ്യവ്യാപകത്വം വന്നു സാധനവ്യാപകത്വം വന്നു അവിടെ സിദ്ധാന്തി പറയാണ് സാധ്യവ്യാപകത്വം വന്നിട്ടില്ല എന്തുകൊണ്ട് സാധ്യവ്യാപകത്വം വരണമെങ്കിൽ അതിൽ അന്യവ്യാപ്തിയും വരണം വെതിരയവ്യാപ്തിയും വരണം അന്യവ്യാപ്തി വന്നല്ലോ വന്നു പക്ഷെ വ്യതിരയവ്യാപ്തി പറയുന്നിടത്ത് ഉപാധി വന്നു ബഹിരേഖ വ്യാപ്തി പറയുന്നിടത്ത് ഉപാധി വന്നത് കൊണ്ട് അവിടെ വിദരേ വ്യാപ്തി ഇല്ല ബഹുരവ്യാപ്തി ഇല്ലെങ്കിൽ സാധ്യവ്യാപകത്വം ഇല്ല സാധ്യവ്യാപകത്വം ഇല്ലെങ്കിൽ ഉപാധി ഇല്ല പിന്നെ അതിൽ ഇനി മനസ്സിലാക്കേണ്ടത് വ്യതിരേകൃാപ്തിയിൽ എങ്ങനെ ഉപാധി വന്നെന്നുള്ളതാണ് ബിതിരേക വ്യാപ്തിയിൽ ഉപാധി വരണമെങ്കിൽ അവിടെയും വരണം സാധ്യവ്യാപകത്വസതി സാധനവ്യാപകത്വം എന്ന് പറയും അവിടെ സാധ്യവ്യാപകത്വവും സാധന വ്യാപത്വവും നോക്കാൻ വേണ്ടിയിട്ട് വിതിരേഖ വ്യാപ്തി പറയുന്നിടത്ത് സാധ്യമായിട്ടെടുക്കേണ്ടതിനെ വ്യാപ്യത്തിന്റെ അന്യവ്യാപ്തിയിൽ എന്തിനാണോ വ്യാപ്യമായിട്ടെടുത്തത് അതിന്റെ അഭാവത്തെ എടുക്കുന്നു അന്യവ്യാപ്തിയിൽ വ്യാപ്യമായിട്ടെടുത്തത് അനുമാനത്തിലെ അസാധ്യത്തെയാണ് അനുസൃദ്ധിക്കണം അന്യവ്യാപ്തിയിൽ വ്യാപ്യമായെടുത്ത് അനുമാനത്തിലെ സാധ്യം അപ്പം അതിന്റെ അഭാവത്തെ എടുക്കണം എന്നുവെച്ചാൽ എത്ര എത്ര എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോൾ അതിൽ തുടങ്ങണം അതിവിടെ എന്താണ് സാധനം ആലോക അജന്യ രൂപീ സാക്ഷാത്കാര ജനതത്വ അഭാവം അതെവിടെയുണ്ട് ഘ്രാണത്തിലെടുക്കുന്നു അല്ലേ എന്നിട്ട് എന്തായി അതിൻ്റെ വ്യാപകമായിട്ട് എന്തെടുത്ത് ഒരു ബോധ അഗ്രാഹകത്വം ഘ്രാണേന്ദ്രിയെടുക്കും ഒരുബോധഗ്രാഹകത്വം വന്നു അപ്പൊ സാധ്യവ്യാപകത്വം വന്നു ഇനി വ്യതിരേക വ്യാപ്തിയിലെ ഉപാധിയാണ് അവിടെ സാധനമായിട്ട് എടുക്കേണ്ടത് അന്യവ്യാപ്തിയിൽ ഉപാധിയുടെ അഭാവത്തെടുക്കും ഉപാധിയുടെ അഭാവം ഉപാധിയുടെ അഭാവം എന്ന് പറയുന്നത് ഒരുബോധേന്ദ്രിയാണ് അതി തുടങ്ങണം എത്ര എത്ര രൂപോതേന്ദ്രിയത്വം തത്രയത്ര രൂപോതഗ്രാഹകത്വം അത് വരുന്നില്ല രൂപോതേന്ദ്രിയമാണ് ചക്ഷിന്ദ്രിയം അവിടെ രൂപോതഗ്രാഹകത്വം ഇല്ല രൂപോത്ഗ്രാഹകത്വമാണ് ഇപ്പൊ സാധന അഭ്യാപകത്വം വന്നു സാധ്യവ്യാപത്വ സാധന വ്യാപകത്വം വന്നപ്പോൾ എതിരേ വ്യാപ്തിയിൽ ഉപാധി വന്നു എതിരേ വ്യാപ്തിയിൽ ഉപാധി ില്ല അന്യവ്യാപ്തിയേ ഉള്ളൂ ഇതിരെ വ്യാപ്തി ഇല്ല അപ്പോൾ ഇവിടെ ഉപാധി ഇല്ല ഇത്രയും മനസ്സിലാക്കാം ഇത്രയും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനി കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചിന്തിക്കാം ഇത് ഇത്രയും ശരിക്കും മനസ്സിൽ ഉറച്ചെങ്കിൽ ഉറക്കാത്ത മനസ്സുമായിട്ട് മുമ്പോട്ട് പോകരുത് ഉറച്ച മനസ്സാണെങ്കിൽ മുമ്പോട്ട് പോകാം dardan tamas kind of so t um eh? so, eh? so suppose we make you make it without that how it is possible how we discuss you have to make it നോട്ട് ബിക്കോസ് ഓഫ് എക്സ്ക്ലൂസീവ്നെസ് ദീസൺ ഈസ് മഹത്വ സതി ഉദ്ഭൂത രൂപത്വം പ്രത്യക്ഷത്വത്തെ പ്രയോജനം ചക്ഷുരേന്ദ്രിയെളിച്ചത്തോടുകൂടി രൂപമുള്ളതിനെ കാണുന്നു ചക്ഷുരേന്ദ്രിയ കഴിവുണ്ട് തുക ഇന്ദ്രിയത്തിന് വെളിച്ചം കൂടാതെ രൂപമുള്ളതിനെ ഗ്രഹിക്കാൻ പറ്റും വേറെ ഇന്ദ്രിയങ്ങൾക്കൊന്നും ഈ കഴിവില്ല ദ്രവ്യഗ്രാഹകമായിട്ട് രണ്ട് ഇന്ദ്രിയങ്ങളെയോ ഇത് അടിസ്ഥാനമായി അറിഞ്ഞിരിക്കുന്നു ദ്രവ്യഗ്രാഹകമായ രണ്ട് ഇന്ദ്രിയങ്ങൾ ചക്ഷുരേന്ദ്രിയവും തുകേന്ദ്രിയവും വേറൊന്നും ദ്രവ്യഗ്രാഹക ഇന്ദ്രിയങ്ങളുണ്ടാവും അല്ലെങ്കിൽ ചക്ഷുരേന്ദ്രിയത്തിന് വെളിച്ചം വേണം തുകേന്ദ്രിയത്തിന് വെളിച്ചത്തിന്റെ ആവശ്യം ഇല്ല പിന്നെ തമസിന്റെ കാര്യത്തിൽ മാത്രം വെളിച്ചത്തിൻ്റെ ആവശ്യമില്ല പക്ഷേ അതിപ്പോൾ ഇവിടെ വിവാദ വിഷയമാണ് ം നടത്തുമ്പോൾ തർക്കിയിലൂടെ സമ്മതമായ കാര്യങ്ങൾ പറയുന്നു അപ്പോ ഇവിടെ ഇപ്പോൾ വ്യാപ്തി പറഞ്ഞു എന്താണ് ബദരേ വ്യാപ്തിയിൽ ആദ്യം പറഞ്ഞു എത്രയെത്ര ആലോക അജന്യരൂപി സാക്ഷാത്കാര ജനകത്വ അഭാവം എന്ന് പറഞ്ഞു അതിപ്പോ ഘ്രാണേന്ദ്രിയു മാത്രല്ല ഘ്രാണേന്ദ്രിയത്തിലുണ്ട് അല്ലേ പിന്നെ ഇവിടെയുണ്ട് രസനേന്ദ്രിയുണ്ട് ആലോകാജന്യ രൂപദ്രവ്യ സാക്ഷാത്കാര അജനകത്വം ഘാണേന്ദ്രിയത്തിലുണ്ട് രസനേന്ദ്രിയുണ്ട് ശ്രവണേന്ദ്രിയത്തിലുണ്ട് ഇവിടെയെല്ലാം എന്തു വരുന്നു രൂപത് അഗ്രാഹകത്വം രൂപത് അഗ്രാഹകത്വിച്ച എന്താണ് രൂപതത്തായ ഒന്നിനെ ഗ്രഹിക്കാൻ പറ്റുന്നില്ല ഇന്ദ്രിയങ്ങൾക്കൊന്നും അതിനുള്ള ശേഷിയില്ല ഗ്രാണേന്ദ്രിയത്തിനുണ്ടോ ഇല്ല രസനേന്ദ്രിയത്തിനുണ്ടോ ഇല്ല ശ്രവണേന്ദ്രിയത്തിനും ഇല്ല പിന്നെ ശേഷിക്കുന്ന ഒരേന്ദ്രിയാണ് തുകേന്ദ്രിയം തുകേന്ദ്രിയത്തിന്റെ കാര്യം പറയുമ്പം ആലോകാജന്യ രൂപി സാക്ഷാത്കാര ജനകത്വ അഭാവം എന്ന് പറയാൻ പറ്റില്ല മനസ്സിലാ എത്ര എത്ര എന്ന് പറയുമ്പോ അത് പറയണ്ടേ സ്വകേന്ദ്രിയെടുക്കുമ്പോൾ ആലോക അജന്യ രൂപീ സാക്ഷാത്കാര ജനകത്വ അഭാവം എന്ന് പറയാൻ പറ്റില്ല അപ്പം അതൊഴിവായി അപ്പൊ പിന്നെ ഇത് ഇത്ര പറ്റും വ്യാപ്യം ഇത്രയായി തത്ര തെന്താണ് രൂപവത് അഗ്രഹകത്വം ഇന്ദ്രിയങ്ങൾക്കൊന്നും തന്നെ രൂപദ്രവ്യത്തെ ഗ്രഹിക്കാൻ പറ്റില്ല അതുകൊണ്ട് അവിടെ എന്തോന്നു സദ്യ വ്യാപകത്വം വന്നു വിദ്ര വ്യാപ്തിയിൽ വ്യാപകത്വം വന്നു എന്നാൽ സാധനവ്യാപകത്വം വന്നു അ നേരത്തെ നമ്മൾ പറഞ്ഞു എത്രയെത്ര രൂപവത് ഇന്ദ്രിയത്വം തത്രത്തിലെ രൂപ നിയമം പറയാൻ പറ്റുന്നില്ല രൂപവതേന്ദ്രിയത്വം എന്നുള്ള ദക്ഷിണേന്ദ്രിയത്വമുണ്ട് എന്നാൽ രൂപോത് അഗ്രാഹത്തോടെ ഇല്ല സാധനവ്യാപകത്വം ഉണ്ട് ഇത്രയും മനസ്സിലായോ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം ഇത് ഇത് വളരെ വ്യക്തമായി മനസ്സിലാക്കിയാലും മുമ്പോട്ട് ചിന്തിക്കാൻ പറ്റും ഇതെല്ലാം മനസ്സീരിക്കണം ഒന്നും ഇല്ലെങ്കിൽ അടുത്ത് പറയുന്നു തക്സിദ്ധം ഏത് തമസോ ദ്രവ്യാന്തരം ഇതി ഇത്രയും കൊണ്ട് സിദ്ധം അതായത് ആ ഇനി ഇവിടെ ഒരു കാര്യം കൂടെ ഉണ്ട് ഈ അനുമാനത്തിലെന്താ പറഞ്ഞത് ചക്ഷിരേന്ദ്രിയെന്ന് പറയുന്നത് ആലോക ഈ അനുമാനത്തെ ശ്രദ്ധിച്ച ഉള്ളൂ ആലോക അജന്യമായ രൂപിദ്രവ്യത്തിന്റെ സാക്ഷാത്കാരം ഉണ്ടാക്കുന്നതാണ് ചക്ഷേന്ദ്രിയ ഏതാ രൂപിദ്രവ്യം തമസ് വേറെ ഒരു രൂപിദ്രവ്യവും പിന്നെ രൂപിദ്രവ്യങ്ങൾ എന്ന് പറയുന്നത് എന്താണ് പൃഥിവി അപ്പ് തേജസ് ഇത് മൂന്നും ചക്ഷിതേന്ദ്രം കൊണ്ട് ജയിക്കണമെങ്കിൽ അവിടെ എന്ത് വേണം ആലോകം വേണം ഉണ്ടാ പറ്റത്തില്ല അപ്പൊ പിന്നെ ശേഷിക്കുന്ന ഒരു രൂപിദ്രവ്യം പറയുന്നത് വെളിച്ചത്തിന്റെ സഹായം കൂടാതെ സിദ്ധിക്കുമെന്ന് പറയുന്നത് എന്താണ് തമസാണ് അപ്പൊ തമസ്സിദ്ധമായി അതാണ് തസ്മാസിദ്ധം തമസോ ദ്രവ്യാന്തരം ആലോകവദേവ ഭാവരൂപ അജ്ഞാന തമോ വിരോധിന് ആത്മനോ ജഗതഅഭാസ്യ ജ്യോതിശബ്ദ വചിത്വ അവിടെ നിന്ന് വന്നാണ് ഇങ്ങനെ ആലോകം എങ്ങനെയാണോ ഭാവരൂപത്തിലുള്ള തമസിനെ നശിപ്പിക്കുന്നു തമസിനെ നശിപ്പിക്കുന്നെന്ന് പറഞ്ഞ പോരാ ആലോകം ഭാവരൂപത്തിലുള്ള തമസ്സിനെ നശിപ്പിക്കുന്നത് പോലെ നശിപ്പിക്കുന്നോണ്ടായ ജ്യോതിസെന്ന് പറയുന്നത് പോലെ അതാണ് ആനോകദേവ ഭാവരൂപ അജ്ഞാനോധിന് ആത്മനഹ ഭാവരൂപമായ അജ്ഞാനമസ് ഭാവരൂപമാകുന്ന അജ്ഞാന തമസ് ആ തമസ്സിന് വിരോധിയാണെന്ത് ആത്മാ എന്ന് പറയുന്നു എന്ന് വെച്ചാൽ തമസ്സിനെ നശിപ്പിക്കുന്നതാണെന്ത് ആത്മപ്രകാശം ആത്മന ജഗതവഭാസകസ്യം ജഗത്തിന് ആത്മാവ് പ്രകാശിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിവിടെയൊക്കെ ജഗത്തിനെ പ്രകാശിപ്പിക്കുന്നു അവിടെയെല്ലാം ആത്മാവ് സ്വയം ജ്യോതിഷായിട്ട് അന്ധകാരത്തെ നശിപ്പിച്ചിട്ടാണ് ജ്യോതിഷ് ശബ്ദ വാച്ചിട്ട് അതുകൊണ്ട് ആത്മാവിനെ ജ്യോതിഷെന്ന് പറയുന്നതിൽ തെറ്റില്ല അത് സ്വയം ജ്യോതിസാണ് എങ്ങനെയാണോ ഞാനും സ്വയം ജ്യോതിസായിരിക്കുന്നത് അതുപോലെ ആത്മാവും സ്വ അപ്പൊ സ്വയം ജ്യോതിഷിനെ കുറിച്ചുള്ള ചർച്ച ഇവിടെ വന്നുള്ളു തീർന്നു ഇവിടെ ഭാവരൂപ അജ്ഞാനം എന്ന് പറഞ്ഞു അതിന് ഉദാഹരണമായിട്ട് എന്ത് പറഞ്ഞു തമസിനെ അപ്പൊ തമസും ഭാവരൂപമാണ് എന്ന് സമർത്ഥിച്ചു ഇതാണ് മുമ്പ് വന്നത് ഇവിടെ യഥാ ഭാവരൂപരാദി തമോ നിവർത്തനേന ജഗദ്വഭാസകത്വം നാപ്പത്തിയേഴാമത്തെ പേജ് ഇവിടെ നിന്നാണ് തോമസിലേക്ക് പോയത് ഭാവരൂപമായ സാർവരാദി തമോ നിവർത്തനേനെ ഭാവരൂപത്തിലുള്ള തമസിനെ ഇല്ലാതാക്കിയിട്ട് ജവ ജഗത് അവഭാസകം ആദിത്യാദിജ്യോതി രാത്രിയിലെ ഇരുട്ടിനെ നശിപ്പിച്ചിട്ട് ജ്യോതി എന്ത് ചെയ്യുന്നു പ്രകാശിപ്പിക്കുന്നു അപ്പോ ഇവിടെ പറഞ്ഞു എന്താണ് ഭാവരൂപർവരാദി തമസ് എന്ന് പറഞ്ഞു മസ് ഭാവരൂപണെന്ന് പറഞ്ഞു തമസ് ഭാവരൂപണെന്ന് പറയുമ്പോ അത് പ്രധാനമായും ചോദ്യം ചെയ്യുന്നവര് തർഹ്യം പറയുന്നു അത് ഭാവരൂപമാകത്തില്ല എന്തുകൊണ്ട് ഭാവരൂപമാകത്തില്ല ഭാവത്തിൽ അത് അന്തർഭവിച്ചിട്ടില്ല അതായത് ദ്രവ്യം ഗുണം കർമ്മം സാമാന്യം വിശേഷം സോമമായ ഇതിലേതിലാണ് അന്തർഭവിച്ചിരിക്കുന്നത് ഇതിലൊന്നിലും അന്തർഭവിക്കുന്നില്ല എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അതിനെ താർക്കികന്മാരുടെ പദ്ധതി അനുസരിച്ച് അന്തർഭവിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ആണ് സിദ്ധാന്തി എന്ത് പറഞ്ഞു ഈ ആറ് പദാർത്ഥങ്ങളിലും ആറ് ഭാവപദാർത്ഥങ്ങളിലും അന്തർഭവിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോ സിദ്ധാന്തി എന്താ പറഞ്ഞത് തമസ്ദ്രവ്യമാണ് ആ താർക്കികമായിട്ട് പദ്ധതി അനുസരിച്ച് അവരുടെയാണല്ലോ ഈ ആറ് പദാർത്ഥങ്ങൾ എന്തുകൊണ്ട് അതിന് ഗുണമുള്ളത് കൊണ്ട് അതാണ് അവരുടെ യുക്തി അദ്വൈതയുടെ വ്യുക്തി അതാണ് തമസിന് ഗുണമുള്ളത് പിന്നെ അവസാനം പറഞ്ഞെന്താണ് ക്രിയയും ഉണ്ട് എന്ന് പറഞ്ഞു ആണ് പിന്നെ അതിന് വേറൊരു ചർച്ച വരുന്നത് എന്താണ് ഉപാലംഭകം ഉപലംഭകം ഒന്ന് തമസ് ആറു പദാർത്ഥങ്ങളിലും അന്തർഭവിക്കുന്നില്ല അത് അഭാവമാണ് മറ്റൊന്നതിന് ഉപലംഭകമില്ല അതിന് എന്ന് പറഞ്ഞു അപ്പോ പ്രമാണമില്ലാന്ന് പറയുന്നതിന് അവരെന്താ പറഞ്ഞത് ചക്ഷുരേന്ദ്രിയം പ്രമാണോന്ന് പറയാൻ പറ്റിയില്ല അദ്വൈതി പറയുന്നത് തോമസ്യദ്രവ്യമാണ് ചക്ഷുരേന്ദ്രിയം കൊണ്ട് അത് പ്രത്യക്ഷമാണെന്നാണ് പറയുന്നത് വാദത്തെ സിദ്ധാന്തം പറയുമ്പോ എന്ത് പറയും തർക്കിനോട് മത്സരിക്കുമ്പോ എന്താ പറയുന്നത് എന്നാണ് സ്വന്തം സിദ്ധാന്തം പറയുമ്പോ എന്ത് പറയും സാക്ഷിവാസ്യം തറക്കിയനോട് പറയുന്നത് അത് ചക്ഷി നന്ദിയും കൊണ്ട് അപ്പൊ തറക്കിയതിന് മറുപടി എന്ന് പറഞ്ഞു കാരണം കണ്ണടച്ചിരിക്കുമ്പോൾ ചക്ഷി നീം പ്രവർത്തിക്കുന്നില്ല അതുകൊണ്ട് ചക്ഷി നിക്കാൻ പറ്റത്തില്ല അത് മാത്രമല്ല ഇപ്പൊ പറഞ്ഞ അനുമാനത്തിന്റെ തുടക്കം ഇവിടെയാണ് നാപ്പത്തി ഒമ്പതാമത്തെ പേജിൽ പറയുന്നുണ്ട് അപ്പിച്ച രൂപത്വ രൂപത്വീവ അജന്യ ചക്ഷുജന്യ സാക്ഷാത്കാര വിഷയത്തു ഇതാണ് താർക്കിയന്റെ ഏറ്റവും പ്രബലമായൊരു വാദം തമസ്സിന് രൂപമുണ്ട് എന്ന് വന്നു കഴിഞ്ഞാൽ അത് ആലോകത്തിന്റെ സഹായം കൂടാതെ രൂപമുള്ളൊരു ദ്രവ്യത്തെ കണ്ണുകൊണ്ട് കാണാൻ പറ്റത്തില്ല ഇതാണ് തർക്കിന്റെ ഒരു പ്രധാനമായ ഭാഗം തമസൊരു ദ്രവ്യമാണ് രൂപമുള്ളതാണെങ്കിൽ അത് വെളിച്ചത്തിന്റെ സഹായത്തോടു കൂടി കണ്ണുകൊണ്ട് കാണണം എന്തുകൊണ്ട് രൂപമുള്ള ഏതെങ്കിലും ഒരു ദ്രവ്യത്തെ കണ്ണുകൊണ്ട് കാണുകയാണെങ്കിൽ വെളിച്ചം വേണം എന്നാണ് പക്ഷേ തമസിനെ കണ്ണുകൊണ്ട് കാണുന്നുണ്ട് വെളിച്ചം വേണ്ട ഇത് അദ്വൈതിക്ക് ഖണ്ഡിക്കാൻ പ്രയാസമുള്ള ഒരു വാദമാണ് എളുപ്പമാണ് രൂപമുള്ളൊരു ദലവുമായി അതിനെ സ്വീകരിക്കുക എന്നാൽ വെളിച്ചമില്ലാത അതാണ് ഇത് ശരിയായൊരു മറുപടി പറയുക പ്രയാസമുള്ള കാര്യമാണ് താർക്കികന്മാരുടെ രീതി പദാർത്ഥങ്ങളുടെ വിചാ വിഭജനം അനുസരിച്ച് ചർച്ച ചെയ്യണമെങ്കിൽ മറുപടി പറയാൻ പ്രയാസം അപ്പൊ പിന്നെ സ്വന്തം സിദ്ധാന്തം പറയേണ്ടി വരും വിട്ടിട്ട് വാദത്തിലൂടെ മറുപടി പറയാൻ പ്രയാസം അതായിരുന്നു ഇവിടുത്തെ ഉപലംബകത്തെ സംബന്ധിച്ചുള്ള ഒന്ന് മറ്റേന്താണ് ഇതിനൊന്നും അന്തർഭവിക്കുന്നില്ല അപ്പോ ദ്രവ്യത്തിൽ അന്തർഭവിക്കുന്നു എന്ന് പറയുന്നതിന് അദ്വൈതി എന്താ സമാനം പറഞ്ഞത് രൂപം കാണുന്നു രൂപമുള്ള ദ്രവ്യത്തെ കാണുന്നു അതാണ് സമാനം പറഞ്ഞു അടുത്താണ് അപ്പോ അടുത്ത പേജിൽ അമ്പതാമത്തെ പേജ് പറയും രൂപത്വ രൂപത്വ ആലോക അനപേക്ഷിച്ചക്ഷുർ ജന്യജ്ഞാന വിഷയത്തു അസംഭവം നിങ്ങളുടെ രൂപമുള്ള ഒരു ദ്രവ്യമാണെന്ന് പറഞ്ഞാൽ പിന്നെ വെളിച്ചം കൂടാതെ ഇങ്ങനെ കാണുന്നു ഇവിടെയാണ് അദ്വൈതീ കിടന്ന് ഉരുണ്ട് കളിക്കുന്നത് അത് എന്താ പറയുന്നത് ആലോകവിരോധിയാണ് തമസ് എന്ന് പറയുന്നത് ഈ ആലോകവിരോധി തമസ് എന്ന് പറയുന്നത് തന്നെ എന്ന് പറയുന്നത് ശരിയല്ല എന്തുകൊണ്ട് തമസിന് വിരോധിയാണ് ആലോകം അല്ല ആലോകത്തിന്റെ വിരോധിയല്ല തമസ് വിരോധം എന്ന് പറഞ്ഞാൽ എന്താണ് നശിപ്പിക്കുന്നതാണ് ഇത് ആലോകത്തിന്റെ വിരോധിയാണ് തമസ്സെന്ന് പറഞ്ഞാൽ തോന്നും തമസ് ആലോകത്തെ നശിപ്പിക്കുന്നു അങ്ങനെയല്ല വാസ്തവത്തിൽ സംഭവിക്കുന്നു അവിടെ തന്നെ ഒരു അദ്വൈതീ ഒരു ട്രിക്ക് ഉപയോഗിച്ചാണ് എന്തിനെ താർക്കിയനെ ഇരുത്താൻ വേണ്ടിയിട്ട് പരസ്പര വിരോധം എന്ന് പറഞ്ഞാൽ രണ്ടിനും തുല്യ ബലമായിരിക്കും ആലോകം വന്നിട്ട് ഇരുട്ടിനെയും നശിപ്പിക്കുന്നു ഇരുട്ട് വന്നിട്ട് വെളിച്ചവും നശിപ്പിക്കുന്നു കാക്ക ഉലൂകങ്ങൾക്കാണെന്ത് പരസ്പര വിരോധം എന്നു വെച്ചാൽ അവർ പരസ്പരം ഫൈറ്റ് ചെയ്യും പറയാൻ പറ്റില്ല വെളിച്ച ഇരുട്ടിനും നശിപ്പിക്കും ഇരുട്ട് വെളിച്ചനെ വെളിച്ചത്തെ നശിപ്പിക്കത്തി അതുകൊണ്ട് ആലോകവിരോധി തമസം എന്ന് പറയുന്നത് തന്നെ ശരിയല്ല തോമസിന്റെ വിരോധിയാണെന്ത് ആലോ അനുഭവത്തിൽ അങ്ങനെയാണ് എന്നാലും അങ്ങനെ പറഞ്ഞു അതൊരു ഫോൾട്ടാണ് അദ്വൈതിയുടെ വ്യത്യാസമുണ്ട് ഇരുട്ട് കൊണ്ടു വന്നപ്പം വെളിച്ചുണഞ്ഞുപോയി എന്ന് പറയും കാറ്റ് വന്ന് വെളിച്ചുപോയി ഏഹ് ആലോം കൊണ്ട് ആലോകം കൊണ്ട് എട്ടെന്ന് വെച്ചാൽ പറയേണ്ടി വരും തോമസിന് വിരോധിയാണ് ആലോകം തോമസ് ആലോകം വന്നപ്പോ തോമസ് നശിച്ചു ഏ ഇരുട്ട് കൂടുതലാണെങ്കിൽ അത് വെളിച്ചത്തിനെ നശിപ്പിക്കാൻ കഴിവുള്ളതാകണം അല്ല ഇവരിപ്പൊ ഇരുട്ടെന്ന് പറയുമ്പോ എല്ലാത്തിനും ഇരുട്ടല്ലേ ഒരു ചെറിയ നെളിലുണ്ടെങ്കിലും അതിലെ ഇരിട്ടെന്നല്ലേ പരസ്പരം ഏത് ബലം വെളിച്ചത്തിന് നശിപ്പിക്കാന്ന് പറഞ്ഞാൽ ഇവര് രണ്ടുപേരും ഒരുപോലെ തന്നെ കാരണം ഇരുട്ടെന്ന് പറയുന്നവര് ദ്രവ്യമല്ലേ അഭാവം അല്ലല്ലോ അഭാവം എന്ന് പറയുമ്പം ഭാവം ഇല്ലെങ്കിൽ അവിടെ അഭാവം ഒന്നിനെ നശിപ്പിക്കാനൊന്നുമില്ല ഇവിടെ അങ്ങനെയല്ല വെളിച്ചം വന്നിട്ട് ഇരുട്ടെന്ന് പറയുന്ന ദ്രവ്യത്തെ നശിപ്പിക്കുകയാണ് അപ്പോ എന്തുകൊണ്ട് ഇരുട്ടായിരിക്കുന്നു ആ ദ്രവ്യം വെളിച്ചത്തിന് വിരോധിയാണ് പറയുന്നതിൽ യുക്തിയൊന്നുമില്ല അതൊരു ദ്രവ്യമാണെന്ന് സമർത്ഥിക്കാനും അതിന് ജീവനുള്ള ഒരു സാധനമാണെന്നും നമുക്ക് സാധാരണ ഭാഷയിൽ പറയാം പ്രകാശം പോലെ തന്നെ അസ്ഥിത്വ ഒരു എന്താണ് ദ്രവ്യത്വമുള്ള ഒന്നാണ് തമസം എന്ന് പറയാൻ വേണ്ടി പറയുന്നതാണ് എന്താണ് തിരിച്ചു പറയുന്നു ഏ അത് വന്നു പിന്നെ അവിടെ ഈ ചോദ്യം അവിടെ കിടക്കുന്നു സാർക്കി എന്റെ ബ്രഹ്മാസുരമാണ് രൂപമുള്ളൊരു ദ്രവ്യമാണെങ്കിൽ എന്തുകൊണ്ട് വെളിച്ചത്തിന്റെ സഹായം കൂടാതെ കണ്ണുകൊണ്ട് കാണുന്നു അതിന് അദ്വൈതി പറഞ്ഞ മറുപടി എന്താണ് അത് ദ്രവ്യം തന്നെയാണ് പക്ഷെ ആലോക അഭാവം കൊണ്ട് വ്യഞ്ചിപ്പിക്കുന്നു എന്നുവെച്ചാൽ ഇരുട്ടുള്ളിടത്ത് എന്തുണ്ട് ഇരുട്ടെന്ന് പറയുന്ന ഒരു ദ്രവ്യവും ഉണ്ട് ആലോകത്തിന്റെ അഭാവമുണ്ട് രണ്ട് താർക്കിക സംബന്ധിച്ചിടത്തോളം ഒന്ന് മതി അഭാവം മതി അദ്വൈനെ സംബന്ധിച്ച് ആലോക അഭാവത്തെ സ്വീകരിക്കണം ഇരട്ടെന്ന് പറയുന്ന വേറൊരു പദാർത്ഥത്തെ സ്വീകരിക്കണം ഗൌരവം രണ്ടു പദാർത്ഥം സ്വീകരിക്കേണ്ടി വരും എന്തിനാ ആലോകാ അഭാവത്തെ സ്വീകരിക്കുന്നു ആലോക അഭാവം വ്യഞ്ചിപ്പിക്കുകയാണ് എന്തായി വ്യഞ്ചിപ്പിക്കുക എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ചർച്ച മുമ്പോട്ട് പോകത്തില്ല എന്താ വ്യഞ്ജകമാകുന്ന അഭാവം വ്യഞ്ജകമാകുന്ന എങ്ങനെ അതടുത്ത പ്രശ്നം അനുസമാനം പറയാൻ പറ്റില്ല ഇനി പറയുന്ന ഒരു പ്രതിബന്ധി ഉത്തരമാണ് പ്രതിബന്ധി എന്ന് പറഞ്ഞാൽ അസതുത്തരം കുതർക്കം അതും ഇതിന് സമാധാനമല്ല ചോദ്യത്തിന് അവൻ പറയുന്നു എന്താണ് ഇവിടെ പ്രതിബന്ധി ഉത്തരം പറഞ്ഞു അത് കഴിഞ്ഞ് ആലോകാഭാവ സ്യാവിരൂപാവതയാ ഘടാഭാവലോകനിരപേക്ഷ ചക്ഷുവിഷയത്യാ അല്ല ഇവിടെ ഇനി വേറൊരു കാര്യം പറയുന്നു ഞാൻ എന്ന് പറഞ്ഞു ളിച്ചത്തിന്റെ സഹായം കൂടാതെ തന്നെ തമസിന് എന്ന് പറയുന്ന ആ രൂപ രൂപിദ്രവ്യത്തിന് ഗ്രഹിക്കാൻ പറ്റുന്നു അതിനെന്താ പറഞ്ഞത് സാമർഥ്യത്തി കാര്യഗന്യത്വ എന്നാണ് ഇതങ്ങനെ താർക്കീയൻ അംഗീകരിക്കാൻ പറ്റും തർക്കീയം പറയുന്നത് അങ്ങനെ ഒരു ദ്രവ്യമേ ഇല്ലെന്നാണ് അവരോട് പറയുന്നു അങ്ങനെ ചക്ഷുന്ദ്രിയം കൊണ്ടൊരു ദ്രവ്യത്തെ ഗ്രഹിക്കുന്നതുകൊണ്ട് ചക്ഷുരേന്ദ്രിയത്തിന് അങ്ങനെ ഒരു സാമർഥ്യം ഉണ്ടെന്ന് നിങ്ങൾ അംഗീകരിക്കണമെന്നാണ് അതങ്ങനെ അംഗീകരിക്കാൻ പറ്റും തമസം എന്ന് പറയുന്നൊരു ദ്രവ്യത്തെ അംഗീകരിക്കാത്തവരടുത്ത് പറയുകയാണ് വെളിച്ചം കൂടാതെ ചക്ഷുരേന്ദ്രിയത്തിന് ഒരു രൂപദ്രവ്യത്തെ ഗ്രഹിക്കാൻ പറ്റും എന്തുകൊണ്ട് തമസനെ ഗ്രഹിക്കുന്നുണ്ട് അതാദ്യം തമസനെ സമർത്ഥിക്കണ്ടേ തമസിനെ സമർത്ഥിക്കാതെ തന്നെ പറയുകയാണ് അങ്ങനെ ഒരു സാമർഥ്യം ചക്ഷുരേന്ദ്രിയത്തിനുണ്ട് എന്തുകൊണ്ട് തമസ്സിനെ ഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അങ്ങനെ ഒരു സാമർഥ്യം ഉണ്ടെങ്കിൽ അതെങ്ങനെ തെളിയിക്കണം വേറൊരു സ്ഥലം കാണിച്ചു കൊടുക്കണം ഇത ഇന്ന സ്ഥലത്ത് ഒരു രൂപിദ്രവ്യത്തെ വെളിച്ചത്തിന്റെ സഹായം കൂടാതെ കണ്ണ് ഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് ഇവിടെ എന്ന് പറയാം ഇത് ദൃഷ്ടാന്തം കാണിക്കാനുണ്ടോ നിഷ്ടാന്തം കാണിക്കാതെ പറയാണ് ഇങ്ങനെ ഒരു സാമർഥ്യമുണ്ട് അതെങ്ങനെ നിങ്ങൾ അംഗീകരിക്കണം ഈ തമസ്സെന്ന് പറയുന്ന ദ്രവ്യത്തെ വെളിച്ചത്തിന്റെ സഹായം കൂടാതെ കണ്ണു കാണുന്നത് കൊണ്ട് ഇതങ്ങനെ ഇതിലെന്താ യുക്തി അപ്പം ഇവിടെ എന്ത് ചെയ്യുന്നു ആദ്യം തന്നെ ഇതാണ് അടിച്ചേൽപ്പിക്കുക എന്ന് പറയുന്നത് കാർഗീകരണങ്ങൾ കൊണ്ട് സമ്മതിപ്പിക്കുകയാണ് രൂപമുള്ള ദ്രവ്യമാണ് തമസ്സ് ളിച്ചം കൂടാതെ ചക്ഷേന്ദ്രിയോ അതിനെ അങ്ങനെയ പിന്നെ ഇത്രയും വാദം എന്താ ആദ്യം ഇതങ്ങ് പറഞ്ഞപ്പോരേ ഇത്രയും വാദം നടത്തിയതിനു ശേഷം പറയാണ് സാമർഥ്യസി കാര്യഗമ്യം രൂപത്തെ രൂപമുള്ള ഒരു ദ്രവ്യത്തെ വെളിച്ചത്തിന്റെ സഹായം കൂടാതെ ചക്ഷിരേന്ദ്രിയത്തിന് ഗ്രഹിക്കാമെന്ന് പറയുന്നതാണ് സാമർഥ്യം ആ സാമർഥ്യം എവിടെ നിന്ന് മനസ്സിലാക്കണം തമസ്സിനെ ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ ശരിയാവും അപ്പൊ തമസ്സെന്ന് പറയുന്നത് രൂപമുള്ള ദ്രവ്യമാണെന്ന് മുമ്പ് തന്നെ സമർത്ഥിക്കണം അല്ലേ അങ്ങനെ സമർത്ഥിക്കാൻ പോകുമ്പോൾ താർക്കിയും ചോദ്യം ചോദിക്കും അതെങ്ങനെ സമർത്ഥിക്കാൻ പറ്റും വെളിച്ചം കൂടാതെ എങ്ങനെ തമസ്സിനെ ഗ്രഹിക്കും വീണ്ടും പഴയ പ്രശ്നത്തിൽ വരും അപ്പൊ പറയാണ് കൂടുതലും സംസാരിക്കുകയെന്നും വേണ്ട ഇതാ തമസ്സിനെ ഗ്രഹിക്കുകയാണ് ഞങ്ങൾ ഞങ്ങളുടെ വെളിച്ചം കൂടാതെ അതുകൊണ്ട് അതങ്ങ് അംഗീകരിക്കണം ഗ്രഹിക്കുമെന്ന് എന്ന് പറഞ്ഞാൽ ഇത് വാദത്തിലൂടെ അംഗീകരിക്കുകയാണോ അതോ വാശിക്ക് പറഞ്ഞ് സമർത്ഥിക്കുകയാണോ ഇതൊക്കെ നിഗ്രഹസ്ഥാനങ്ങളാണ് അങ്ങനെ സാമർഥ്യം കൊണ്ട് കാര്യമേ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലം കാണിച്ചു കൊടുക്കണം ഇതാ ഇവിടെ വെളിച്ചം കൂടാതെ രൂപിദ്രവ്യത്തെ ഗ്രഹിക്കുന്നു അങ്ങനെയൊരു സ്ഥലം കാണിക്കാൻ അധ്വാനിക്കില്ല ആകെയുള്ള അത് വിവാദത്തിലുമാണ് അത് ഗ്രഹിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം ചക്ഷിണ ഇദ്ദേഹത്തിന് അങ്ങനെ ഒരു ശേഷി ഉണ്ടെന്ന് പറഞ്ഞത് ഈ വാദത്തിൽ എന്തെങ്കിലും ഒരു ബലമുണ്ടോ എന്ന് വെച്ചാൽ അതിന് ഒരിക്കലും സമാനം പറയാൻ പറ്റത്തില്ല അപ്പോ അത് അവിടെ പോയി തമസിനെ ഭാവരൂപന്ന് അത് പ്രത്യക്ഷമാകുന്നു അതുകൊണ്ട് ഗ്രഹിച്ചോണോ എന്ന് പറഞ്ഞാൽ അതാദ്യം ഭാവരൂപോണെന്ന് സമർത്ഥിക്കുക എന്നിട്ട് പറയാതെ ഇന്നതുകൊണ്ടാണെന്ന് സമർത്ഥിക്കുന്ന മുമ്പേ പറയാണ് അത് കാണുന്നു കൊണ്ട് അതങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമേ ഇല്ല അതാണ് ഇതിൽ സിദ്ധാന്തപക്ഷത്ത് വരുന്ന ദോഷം ഭാവരൂപത്തിൽ ഇനിയും ദോഷങ്ങളുണ്ട് നിങ്ങൾ അടുത്ത ദിവസം ഒരു കണ്ടുപിടിച്ചോണ്ടുവരി എല്ലാം ഞാൻ പറഞ്ഞ ശരിയോർണമെ പൂർണ്ണ പൂർണ്ണമാകൂാവശാന് ഓം ശ്രീഗുരുമ ഹരി ഓം